ധ്യാനയോഗാനുഗത അവശ്യൻ ദേവാത്മശക്തി കൊണ്ട് ദേവാത്മശക്തിയെ കണ്ടു എന്നാണ് ഭഗവാന്റെ ആ ശക്തിയെ കൃപാശക്തിയെ ഉള്ളിൽ ആത്മാവിൻ്റെ ശക്തിയെ കണ്ടു ഋഷികൾ ശ്വേതാശ്വതർ ഉപനിഷത്തിലെ മന്ത്രാണ് അപ്പോ എപ്പോഴാണോ നമ്മൾ അന്തർമുഖമാവണത് നമ്മളെ തന്നെ നമ്മൾ ഉദ്ധരിക്കാൻ തയ്യാറാവണത് അപ്പൊ നമ്മൾക്ക് തന്നെ നമ്മൾ ബന്ധുവായിട്ട് തീരും അടുത്ത ശ്ലോകം നോക്കും അനത്മനസ് ബന്ധു ആത്മാ ആത്മന തത്മൈവത്മന ജിത അനാത്മനഹാതു ശത്രുത്വ ആത്മീവ ശത്രുവത് നമ്മൾ പറഞ്ഞ കാര്യമാണ് അവിടെ ആര് അവനവനെ തന്നെ അവനവന്റെ ജ്ഞാനം കൊണ്ട് ജയിക്കുന്നു ചുരുക്കത്തിൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അഹങ്കാരത്തിനെയും ഒക്കെ ആര് പരാജയപ്പെടുത്തുന്നുവോ അവനവന് ബന്ധുവായിട്ട് തീരും നമ്മളുടെ ലോക ജീവിതം മുഴുവൻ എന്താ ഇന്ദ്രിയങ്ങൾക്ക് സുഖം കൊടുക്കുന്നതിലും മനസ്സിന് സുഖം കൊടുക്കുന്നതിലും അഹങ്കാരത്തിന് സുഖം കൊടുക്കണതിലും ഈവറി പ്ലഷർ ഗീവ് ടു ദു അതുകൊണ്ടാണ് നമ്മളുടെ അഹങ്കാരത്തിന് സുഖം വേണം ദുഃഖം വേണ്ട സുഖം കിട്ടുമ്പോൾ അഹങ്കാരത്തിന് ബലം വെക്കും നമ്മൾ വിചാരിക്കുന്നത് എന്താ നമ്മൾക്കാണ് ബലം ഉണ്ടായത് എന്നാണ് ബല ഉണ്ടായത് നമ്മളുടെ ശത്രുവിനാണ് ഒരു ഉദാഹരണം ദൃഷ്ടാന്തം വിദ്യാരണ്യസ്വാമികൾ പറഞ്ഞാണ് തോന്നുന്നു ബ്രാഹ്മണ ശരീരത്തിൽ ഒരു ചണ്ടാളന്റെ പ്രേതം കൂടിയത്രേ എന്നിട്ട് ആ പ്രേതം എനിക്ക് കള്ളു കുടിക്കണം കള്ളു കുടിക്കണം എന്ന് പറഞ്ഞ് നിലവിളിക്കും അത്രേ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രേതം തൽക്കാലത്തേക്ക് സന്തോഷമാകും അപ്പൊ ആളുകൾ പറഞ്ഞു ഈ ബ്രാഹ്മണൻ കള്ളുകൂടിച്ച് സന്തോഷിക്കണമല്ലോ സന്തോഷിക്കണത് ബ്രാഹ്മണൻ അല്ല അയാളുടെ ഉള്ളിൽ കയറി കൂടിയിരിക്കുന്നത് ഈ പ്രേതാണ് അതുപോലെ ഒരു പ്രേതാണ് നമ്മളുടെ ഉള്ളിൽ കയറി കൂടിയിരിക്കുന്നത് ഈ അഹങ്കാരം അതിന് സുഖം കിട്ടും തോറും അത് സംതൃപ്തമാവും നമ്മള് അതിന് ടോണിക്ക് കൊടുത്ത് വളർത്തുകയാണ് ലോകത്തിലുള്ള വിഷയങ്ങളൊക്കെ കൊടുത്ത് കൊടുത്ത് കൊടുത്ത് കൊടുത്ത് അതിന് ബലം വെക്കുകയാണ് ഇന്ദ്രിയ വിഷയങ്ങളൊക്കെ അതിനെ ബലപ്പെടുത്തുന്നു മാനസികമായ വിഷയങ്ങളൊക്കെ അതിനെ ബലപ്പെടുത്തുന്നു ശരീരത്തിന്റെ കർമ്മം കൊണ്ടും മനസ്സിൻ്റെ രാഗദ്വേഷങ്ങൾ കൊണ്ടും കാരണ ശരീരത്തിന്റെ ഉറക്കം കൊണ്ടും ഒക്കെ പ്രയോജനപ്പെടുന്നത് ആത്മാവിനല്ല ആത്മാവ് ആത്മാവിന് ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല ഇതൊക്കെ ഭുചിക്കുന്നത് അഹന്തയാണ് ഈ അഹന്തയുടെ ആഗ്രഹങ്ങളെ വിപരീതീകരണം ചെയ്യുകയാണ് നമ്മൾ എന്നുവെച്ചാൽ പതുക്കെ പതുക്കെ പതുക്കെ അതിനെത്തിരി ശോഷിപ്പിക്കാം റോയൽ റോഡ് അതാണ് രാജമാർഗം അതാണ് എന്താണെന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ എന്തൊക്കെ നമുക്ക് വേണോ ഇഷ്ടമുണ്ടോ അതൊക്കെ ഉപേക്ഷിച്ച് പഠിക്കാം തപസ് അവിടെയാണ് ഉപേക്ഷിക്കുമ്പോൾ ഇന്ദ്രിയങ്ങള് വിഷമിക്കും മനസ്സ് വിഷമിക്കും ശരീരം വിഷമിക്കും പക്ഷെ ഉള്ളിൽ നിന്ന് ഒരു ശാന്തി വരും ഒരു ഉണർവ് വരും ഒരു ഊർജം വരും തപസ് എപ്പോഴും വിപരീതമാണല്ലോ നമ്മൾക്ക് ആളുകൾ ബഹുമാനിക്കുമ്പോൾ ഒരു ഇഷ്ടമുണ്ട് അപമാനിക്കുമ്പോൾ ദുഃഖമുണ്ട് അതുകൊണ്ട് അപമാനം ഏറ്റുവാങ്ങാനാണ് വിവേകാനന്ദ സ്വാമിയോ അടുത്ത് പറയുന്നു ഗോ വെയർ പീപ്പിൾ ഹേറ്റ് യു ലെറ്റ് ദോട്ട് ദ ഈഗോ ഔട്ട് ഓഫ് യുസീവ് ഓൾ ബ്ലൗസ് നമ്മള് ജീവിതത്തിൽ ദുഃഖമൊക്കെ വരുമ്പോൾ സഹിച്ചോളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ സഹിച്ചോളാം ആർക്കാ ഈ ദുഃഖമൊക്കെ വരണത് ഒരു ചോദ്യം ചോദിക്കുക ആരാ ഈ ദുഃഖമൊക്കെ അനുഭവിക്കുന്നത് ഞാൻ ഞാൻ എന്ന് വെച്ചാലോ അഹങ്കാരം അനുഭവിക്കട്ടെ അതിന് വിഷം കൊടുക്കത്തിരി അഹങ്കാരത്തിനെതിരി വിഷം കൊടുക്ക ദുഃഖത്തിനെയൊക്കെ സ്വാ സ്വീകരിക്കും തോറും നമ്മൾക്ക് ഹിതം ഉണ്ടാവും വിഷമഘട്ടത്തിൽ പോയി താമസിക്കാണ് നമുക്ക് എല്ലാം സിറ്റുവേഷൻ ഒന്നും അനുകൂലമല്ലെങ്കിൽ വളരെ സന്തോഷം ആധ്യാത്മികമായി ശനിദശ പോലെ ഒരു നല്ല കാലവില്ല നല്ല ശനി ദശ പോലെ ഒരു നല്ല കാലം പണമില്ല ബുദ്ധിമുട്ടും മകൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ നടക്കണില്ല ചെക്കനാണെങ്കിൽ പറഞ്ഞാൽ കഴിക്കണില്ല കുടുംബത്തിൽ ബുദ്ധിമുട്ട് വ്യാധി വിഷമം സമൂഹത്തിലുള്ള ഒരു കുറ്റം പറയണു ഇങ്ങനെയൊക്കെ ആവുമ്പോ ഭാഗവതത്തിൽ പറയണു തഥാനുമേയോ ഭഗവത് പ്രസാദ വൃത്തകൻ പറയണു ഭഗവാന്റെ പരമ അനുഗ്രഹം എന്നാണ് നെഗറ്റീവ് എവിടെ പോയാൽ നെഗറ്റീവ് ആണെങ്കിൽ വളരെ സന്തോഷം ഈശ്വരൻ പ്രസാദിച്ചിരിക്കണം എന്തുവേണം വിവേകം വേണം വിവേകം എന്താന്ന് വെച്ചാൽ ഇവരൊക്കെ ഇതൊക്കെ പാര അനുഭവിക്കണത് അഹങ്കാരമാണ് അനുഭവിക്കട്ടെ അനുഗ്ര അനുഭവിക്കട്ടെ സുഖമൊക്കെ വന്നപ്പോ ഒക്കെ സ്വീകരിച്ചുവല്ലോ രമണ ഭഗവാന്റെ അടുത്ത് ടോക്സ് എല്ലോ അടുത്ത് ചോദിക്കണുണ്ട് എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം വിഷമം വരണത് ഭഗവാൻ കാരുണ്യമൂർത്തിയാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് വിഷമം വരണോന്ന് ഒരാൾ ചോദിക്കണു അപ്പൊ ഭഗവാൻ പറയണു ഈ ചോദ്യം നീ സുഖം വരുമ്പോ ചോദിക്കാന്ന് ആരും ചോദിക്കണില്ലല്ലോ ഒരാളെങ്കിലും ഒരു സുഖം വരുമ്പോ ജോത്സ്യന്റെ അടുത്ത് പോയിട്ട് എന്താ കൊറേ ദിവസമായിട്ടൊക്കെ നല്ലതായിട്ടിരിക്കണം എന്ത് ദശയ അതിനു വല്ല പരിഹാരം ഉണ്ടോ എന്ന് ഒരാളും ചോദിക്കുന്നില്ല ആ സുഖം വരുമ്പോഴാണ് നമ്മൾ പതിച്ചു പോണതും വീണു പോണതും ളുകളും ഇത് കേട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ പ്രത്യേക വിഷമഘട്ടം ആ ഘട്ടത്തിൽ പോകുമ്പോ അവർക്ക് വിഷമം ആ സമയത്ത് ഉണ്ടായിരുന്ന സർഫസില് ദുഃഖം ഡെപ്തിൽ ആഴത്തിൽ എവിടെയോ ഒരു ആനന്ദം അപ്പോഴാണ് ഒരു ഭക്തി ഒരു തപസ് ജപം ഭഗവാനെ വിളിക്കല് ധ്യാനം ഒക്കെ അപ്പോഴാണ് ഉണ്ടായത് അവർക്ക് ദുഃഖം ഒക്കെ കടന്നിട്ട് സുഖത്തിലേക്ക് വന്ന ഉടനെ അവര് തന്നെ പറഞ്ഞു ഒക്കെ പോയി നമ്മൾ ും നടക്കണില്ല അപ്പൊ പലരും പറഞ്ഞിട്ട് എന്റെ അടുത്ത് അത് കേട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു ശരിയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നതൊക്കെ പോയി ഞാനിപ്പോ വീണു പോയി പതിച്ചു പോയി അപ്പൊ എല്ലാം അതാണ് ദുഃഖ ഭഗവാൻ ഭാഗവതത്തിൽ മൂന്ന് നാല് ഘട്ടത്തിൽ പറയുന്നു ഞാൻ ആരെങ്കിലും അനുഗ്രഹിക്കണെങ്കിൽ അവർക്ക് ദുഃഖം കൊടുക്കും വിഷമം കൊടുക്കും ദാരിദ്ര്യവും കൊടുക്കും ഒക്കെ അപ്പൊ അതുകൊണ്ടൊക്കെ വിഷമം വരണത് ആർക്കാ ശരീരത്തിന് വിഷമുണ്ട് അതെ നല്ലതാണ് മനസ്സിന് വിഷമുണ്ട് നല്ലതാണ് ഇന്ദ്രിയങ്ങൾക്ക് വിഷമുണ്ട് നല്ലതാണ് ബുദ്ധിക്ക് വിഷമുണ്ട് നല്ലതാണ് ഒരു പറഞ്ഞാൽ അനുകൂല സാഹചര്യം പോലെ ആധ്യാത്മികമായിട്ട് പ്രതികൂലമായത് വേറൊന്നുമില്ല ഏറ്റവും പ്രതികൂലമായ സാഹചര്യമാണ് ആധ്യാത്മികമായിട്ട് ഏറ്റവും നല്ലത് ഏറ്റവും പ്രതികൂലമാണ് എല്ലാവിധത്തിനും വിഷമമുണ്ടെങ്കിൽ ഭഗവത്ഗീത കേൾക്കാൻ പോണു എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിലവിളി ഉണ്ടാക്കണം ഭർത്താവോ ഭാര്യയോ ഒക്കെ ആയിരിക്കണം അപ്പോഴാണ് നമ്മളുടെ ഭക്തിക്ക് ആഴുണ്ടാവുക സത്സംഗത്തിലേക്ക് പോണ പോവാൻ പാടില്ല നോക്കട്ടെ നീ അങ്ങനെ പോവോ നോക്കട്ടെ എന്ന് പറയണം മുറിയിലിട്ട് പൂട്ടിയിടണം ഈ കൊണ്ടുവന്ന ഉമ്മർത്ത് ഇറക്കി വിടുന്ന ഭർത്താക്കന്മാരൊന്നും പ്രയോജനപ്പെടില്ല നേരെ വിപരീതമാണെങ്കിൽ നമുക്ക് അനുകൂലമാവും എന്നുവെച്ചാൽ പറയണത് അനുകൂലവും അനുകൂല ആവാം ഇവർക്ക് അത്ര കണ്ടു വേഗവും ആഴവും ഉണ്ടെങ്കിൽ ആവാം പക്ഷേ പ്രതികൂലം എന്ന് നമ്മൾ വിചാരിക്കുന്നത് പ്രതികൂലം അല്ല എന്ന് മനസ്സിലാക്കാനാണ് അത് പറയുന്നത് പ്രതികൂലം എന്ന് നമ്മൾ പറയണത് ഒരിക്കലും പ്രതികൂലമല്ല തഥാനുമേയോ ഭഗവത് പ്രസാദ അപ്പൊ ഭഗവത് കൃപ വരണോന്ന് ഊഹിച്ചോളൂ എന്നാണ് ആത്മൈവത്മനാജിത നമ്മളായിട്ട് തപസ് ചെയ്യില്ല പക്ഷെ ഇതൊക്കെ വരുമ്പോ ഇന്ദ്രിയ വളരെ അനുകൂലം നമ്മൾക്ക് പല വിഷയങ്ങളും നമ്മൾ ഉപേക്ഷിക്കാൻ പറ്റില്ല പക്ഷെ ഒരു സന്ദർഭം കിട്ടുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക അയ്യോ എൻ്റെ ഇന്ദ്രിയ സുഖങ്ങളൊക്കെ പോയിയല്ലോ എന്ന് ധരിക്കുന്നതിന് പകരം ആഹ് ഭഗവാൻ എനിക്കൊരു ചാൻസ് തന്നു ഇതിന് രക്ഷപ്പെടാനായിട്ട് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഓ വളരെ നല്ലത് ഞാനായിട്ട് ഇപ്പൊ ഏകാദശി ഒന്നും നോക്കാൻ പോണില്ല ഏ ഏകാദശി നോറ്റു ഇല്ലം മുടിഞ്ഞു എന്നൊരു ചൊല്ലുണ്ട് എന്താന്ന് വെച്ചാൽ ധാരാളം അന്നാണ് ചപ്പാത്തിയും പഴവും പാലും ഒക്കെ ആയിട്ട് കഴിച്ചിട്ട് അപ്പൊ നമ്മളുടെ ഏകാദശിയൊക്കെ അങ്ങനെയാണ് അപ്പൊ വിഷമാണോ വന്നു ഊണ് കിട്ടിയിട്ടില്ലെങ്കിൽ ഓ നല്ലത് എന്നെങ്കിലും വയറ് ഒഴിഞ്ഞു കിടന്നിട്ട് ഭഗവത് സ്മരണം ചെയ്യാമല്ലോ ധനത്തിനു വിഷമം വന്നു ഓ നല്ലത് ഞാനായിട്ട് അപരിഗ്രഹധർമ്മമൊന്നും ചെയ്യാൻ പോണില്ല ഇപ്പൊ കുറെ പണത്തിന് വിഷമം വന്നുവല്ലോ കിട്ടിയത് വെച്ചുകൊണ്ട് ജീവിച്ച് ഒരു തപസ്വിയെ പോലെ കുറച്ചുകാലെങ്കിലും ഇരിക്കാം ഈ പണം വന്ന് വീഴാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് അതിന്റെ രസം അത് ചെലപ്പോ വീഴും ഈ ശങ്കരാചാര്യർ പോയി ഒരു വീട്ടിൽ ചോദിച്ചു നെല്ലിക്ക ചോദിച്ചു മോളിൽ എങ്ങനെ വീണു എന്നൊക്കെ പറയലേ കൂര പൊളിഞ്ഞ് സ്വർണക്കോയിൻ ചിലർ ഈ കൂരയെ നോക്കിക്കൊണ്ട് അങ്കം ഹരേ ഹെ പുളക ഭൂഷണമാശ്രയന്തി ശങ്കരാചാര്യർ പറഞ്ഞത് കൊണ്ട് വീണു ഒരാളുടെ നാലയില് സ്വർണ്ണം കായിനൊന്നും വീഴില്ല എന്താന്ന് വെച്ചാൽ ഇയാള് സ്വർണത്തിനെ വിചാരിച്ചോണ്ടിരിക്കും വല്ലിയോ എലിയോ ഒക്കെ വീഴും പണം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അതിനൊക്കെ അതിൻ്റെതായ സ്വഭാവമുണ്ട് നമുക്ക് കാണാം ഇതൊക്കെ ഒരു എന്തോ ഒരു നിയമത്തിനനുസരിച്ച് വരികയും പോവുകയൊക്കെ ചെയ്യും പക്ഷെ അത് പോണ സമയത്ത് അതില്ലാത്ത സമയത്ത് എന്തൊക്കെ വിഷമുണ്ടോ അയ്യോ പോയി അല്ലോ ആ സമയത്ത് പോയി അതിനു വേണ്ടിയിട്ട് എന്ത് പൂജ ചെയ്യണം അത് ചെയ്യണം അതിൽ കുറെ പണം ചെലവാക്കേണ്ട അങ്ങനെ വരുമ്പോൾ അത് ഭഗവത് പ്രസാദാണ് ഭഗവാൻ ഒരു സന്ദർഭം തന്നിരിക്കണം ഭഗവാൻ ഇപ്പൊ എന്നെ ഭഗവത് ആരാധന ചെയ്യാനോ ആ ഒരു ധർമ്മത്തിലിരിക്കാനും ഒരു സന്ദർഭം ഉണ്ടാക്കി തന്നിരിക്കുകയാണ് വിഷമം വന്നിരിക്കുന്നു പല വിധത്തിലുള്ള വിഷമം നോക്കാലോ എത്ര കണ്ടെനിക്ക് ഡിറ്റാച്ച്മെന്റ് അസംഗം നോക്കാലോ ശരീരത്തിന് വിഷമം വന്നിരിക്കുന്നു ചിലർക്ക് ചോദിക്കണ്ടേ ശരീരത്തിന് വിഷമം വരുമ്പോ ദേഹം ഞാനല്ലാന്നുള്ളതൊന്നും പ്രയോജനപ്പെടുന്നില്ല പ്രയോജനപ്പെടില്ല എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഹാബിറ്റ് ശരീരത്തിന്റെ വിഷമത്തില് വീണു പോകാനാണ് പക്ഷെ കഴിഞ്ഞാൽ പ്രയോജനപ്പെടും പെട്ടെന്നൊന്നും പറയും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നു നടക്കില്ല കുറച്ച് നേരത്തേക്ക് നമ്മളുടെ ഹാബിറ്റ് കൊണ്ട് കുറച്ച് നിലവിളിക്കും കരയുമൊക്കെ ചെയ്യും അപ്പം അതൊക്കെ അങ്ങോട്ട് നമ്മളുടെ ബുദ്ധി അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ശരീ ശരീരത്തിന് പെയ്യ് എത്രയോ പേര് സാധിച്ചിരിക്കണം എത്രയോ പേര് സാധിച്ചിരിക്കണം എനിക്ക് അറിയണ കുറേ പേര് അവർക്ക് സത്സംഗത്തിലൊക്കെ ഇരുന്ന ശേഷം പിന്നെ ചില വ്യാധിയോ വിഷമങ്ങളൊക്കെ വന്നിട്ട് ഒരു ഘട്ടം കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് നല്ല വണ്ണം തീരുമാനിച്ച് ആട്ടെ ശരീരം എന്താണെന്ന് ആവട്ടെ എന്ന് പറഞ്ഞ് സന്തോഷമായി അവരുടെ കൂടെയിരിക്കണവരെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ അവർക്കൊരു ധൈര്യം അതിനെ തന്നെ ഒരു തപസാക്കി എടുക്കുകയാണ് ശരീരത്തിന് വിഷമമൊക്കെ വരുമ്പോ ശരീരം ഞാനല്ലെന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോഴാണ് അപ്പോ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആ സമാധിസിദ്ധി ഉണ്ടാവും സ്വാനുഭവസിദ്ധി ഉണ്ടാവും അല്ല ശരീരത്തില് രണ്ടാള് കാലില് മസാജ് ചെയ്ത് തരാനും കയ്യില് മസാജ് ചെയ്ത് തരാനും ഒക്കെ ഒക്കെ ശിവോഹം ശിവോഹം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒന്നും വരില്ല എന്തൊക്കെ പറഞ്ഞാലും പിന്നെയും പിന്നീം ദേഹത്തിൽ വരും നിവൃത്തിയില്ല തലയിൽ എഴുത്താസം വിപരീത സ്ഥലം സമയം സന്ദർഭം വരുമ്പോ തദ്ദേശ അസ്യ പരമം തപാ യദ്പതി ശ്രുതി തന്നെ ഉപനിഷത്തെ തന്നെ പറയണ്ട് ജ്ഞാനമുള്ളവന് വ്യാധികളും മറ്റ് കഷ്ടങ്ങളും ഒക്കെ വരുമ്പോ അവൻ തപസ് ചെയ്യുമെന്നാണ് ആ സന്ദർഭത്തിനെ അവൻ ഉപയോഗിക്കും അവനവനെ തന്നെ ജയിക്കാനായിട്ട് അവൻ ഉപയോഗിക്കും ഇന്ദ്രിയങ്ങളെ ജയിക്കാനായിട്ട് അവന് ഉപയോഗിക്കും ശരീരത്തിനെ ജയിക്കാനായിട്ട് അവന് ഉപയോഗിക്കും മനസ്സിനെ ജയിക്കാനായിട്ട് അവന് ഉപയോഗിക്കും ഇതിനെയൊക്കെ ജയിക്കുന്നതിലാണ് നമ്മൾക്ക് പാരമാർത്ഥികമായ ലാഭമുള്ളത് അല്ലാതെ ഇതിനൊക്കെ താലോലിക്കുന്നതിലല്ല ലോകത്തിൽ മുഴുവൻ എന്താ ഇതിനെ താലോലിക്കണതാണ് നമുക്ക് കുട്ടിക്കാലം മുതൽക്ക് സമൂഹവും റിവുള്ളവരല്ല അവരും നമുക്ക് പഠിപ്പിച്ചത് തന്നിട്ടുള്ളത് എന്താ താലോലിക്കാനാണ് ഇന്ദ്രിയങ്ങളെയൊക്കെ താലോലിക്കാനാണ് ശരീരത്തിന് സുഖം തരാനും മനസ്സിന് സുഖം തരാനും നാവിന് സുഖം തരാനും അല്ലേ ഇതൊക്കെയാണ് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് നമ്മള് ഒരു മാതിരി ബുദ്ധി വന്ന് ഗീതയും ഭാഗവതവും ഒക്കെ പറഞ്ഞു ഇതൊക്കെ നമുക്ക് പ്രതികൂലമാണെന്ന് അറിഞ്ഞാലും അപ്പോഴേക്കും നമ്മൾ പലതിനും അടിമപ്പെട്ടു കഴിഞ്ഞു ഇതിന്ന് പുറത്തു വരാൻ ഇനി എന്താ വഴി കഴിയണമെന്ന് ശ്രമിക്കുക പരാജയപ്പെട്ട കുഴപ്പമില്ല പരാജയപ്പെട്ടാൽ പതുക്കെ പതുക്കെ പ്രകൃതി ചില സന്ദർഭങ്ങളൊക്കെ കൊണ്ടു തരുമ്പോ അതിനെയൊക്കെ ഉപയോഗിച്ചോളാം ഉപയോഗിച്ച് ആത്മൈവ ഹ്യാത്മനാജിത അങ്ങനെ തൻ്റെ തന്നെ ഉപാധിയെ അറിവുകൊണ്ട് ജയിക്കുന്നവൻ അതിൻ്റെ മേലെ തന്റെ ആധിപത്യം സ്ഥാപിക്കുന്നവൻ അവനവന് ബന്ധുവായിട്ട് അനാത്മനസ്തു അതായത് അനാത്മ വസ്തുക്കൾ ആത്മാവ് അല്ലാത്ത ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരങ്ങളെയൊക്കെ താലോലിച്ചും കൊണ്ട് അതിനുവേണ്ട സുഖവസ്തുക്കളൊക്കെ കൊടുത്തും കൊണ്ട് അതിൽ തന്നെ പറ്റിക്കൂടി കിടക്കുന്നവൻ ശത്രുത്വേവർ ആത്മൈവ ശത്രുവത് തനിക്ക് തന്നെ അവൻ ആത്മഹാ എന്നാണ് അവൻ ഹി കമ്മിറ്റ് സ്പിരിച്വൽ സൂയിസൈഡ് അവൻ ആത്മഹാവാണ് അവൻ അവനവൻ്റെ തന്നെ പാരമാർത്ഥികമായി ഹിതത്തിന് കടക്കൽ മഴുവെക്കണവനാണ് അവനവനെ തന്നെ ദ്രോഹിക്കുകയാണ് എന്താന്ന് വെച്ചാൽ ഒരു സന്ദർഭം കിട്ടിയിട്ട് ഉപയോഗിച്ചില്ല എന്നർത്ഥം അവൻ അനാത്മവസ്തുക്കളിലേക്ക് വീണ്ടും വീണ്ടും വീണു പോവുകയാണെങ്കിൽ അവനവനെ തന്നെ അവനൊന്നും ദ്രോഹം ചെയ്യാൻ അപ്പോ ശരീരത്തിനും മനസ്സിനും ബുദ്ധിയോടും ഒക്കെയുള്ള ഉപാധിയോടുള്ള സംബന്ധത്തിനെ വിടുന്നതാണ് നമുക്ക് ഹിതം അതിലാണ് സൗന്ദര്യം അതിലാണ് സുഖം അതിലാണ് ആനന്ദം കൊച്ചുകുട്ടികളെ കണ്ടാൽ ഇത്രയധികം ഒരു അഴക് തോന്നാൻ കാരണം ഒരു സൗന്ദര്യം തോന്നാൻ കാരണം അത് ശരീരത്തിന്റെ സൗന്ദര്യമല്ല ശരീര സംബന്ധമില്ലായ്മയുടെ സൗന്ദര്യമാണ് തപസ് എന്ന് പറയുന്നത് ശരീരത്തിനോടുള്ള ബന്ധവിച്ഛേദമാണ് മനസ്സിനോടുള്ള ബന്ധവിച്ഛേദമാണ് പതുക്കെ പതുക്കെ നമ്മളെ അറിയുന്നതാണ് തപസ് ആത്മജ്ഞാനമാണ് തപസ് ആ ആത്മജ്ഞാനത്തിനെ ആ ജ്ഞാന ദൃഷ്ടിയെ ജീവിതത്തിൽ ഓരോ കോണിലേക്കും പതുക്കെ പതുക്കെ ഫോക്കസ് ചെയ്യണതാണ് തപസ് അങ്ങനെ ആ ഫോക്കസ് കൊണ്ടുവരികയാണെങ്കിൽ ആത്മൈവഹ്യാത്മനാജിത തന്നെ തന്നെ ജയിക്കുകയാണ് വളരെ ഗംഭീരന്മാരായ ആളുകളുണ്ട് ഇവിടെ നമ്മൾ ഈ എന്താ മഠാധിപതികളും സ്വാമിമാരും അവരെ മാത്രം നോക്കണ്ട രണ്ടു കയ്യുമില്ല രണ്ട് കാലൂല്ല ജ്ഞാനത്തിൽ ഗംഭീരമായ നിഷ്ഠ ഒരു മുറി വിട്ട് പുറത്തു പോകാൻ പറ്റില്ല ആനന്ദമായിട്ടിരിക്കണം അങ്ങനെ ഒരു അമ്മയെ കണ്ടു അവര് കാണണം എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചു അവിടെ പോകുമ്പോ ഇങ്ങനെയുള്ള ആളുകളാണെന്ന് എനിക്കറിയില്ല അവര് അതിനകത്ത് സി ഡിയും കാസറ്റോ എന്തൊക്കെയോ കേട്ടോണ്ടിരിക്കുന്നുണ്ട് പ്രഭാഷണമൊക്കെ അവര് കാണണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലൊരു കുറച്ച് തള്ളിയുള്ള ഒരു സ്ഥലത്ത് ചെന്ന് കണ്ടപ്പോ എനിക്ക് വളരെ ആശ്ചര്യം തോന്നും പതിനേഴ് വയസ്സിൽ അങ്ങനെ ആയതാണ് കയ്യുമില്ല കാലും ഇല്ല നടക്കാൻ വയ്യ തേജോമയമായിട്ടിരിക്കണം സന്തോഷമായിട്ടിരിക്കുന്നു ഒരു കുഴപ്പമില്ല അമ്മ പറയണത് അപ്പൊ തന്നെ എനിക്ക് ഭഗവാൻ ബോധിപ്പിച്ചു ഈ ശരീരം ഞാനല്ല ഏറ്റവും വിപരീതമായ പ്രതികൂലമായ സാഹചര്യം അവർക്ക് വളരെ അനുകൂലമായ അവർ പറഞ്ഞു ഇനി എൻ്റെ ലോകം ഈ മുറിയാണ് ഇതൊന്ന് പുറത്തു പോകാൻ പറ്റില്ല ഞാൻ ഇതിനകത്ത് ആനന്ദമായിട്ടിരിക്കണം എനിക്ക് വേറെ വികല്പങ്ങൾ ഒന്നുമില്ലല്ലോ അവിടെ പോകണമോ ഇവിടെ പോകണമോ ഒന്നുമില്ല അങ്ങനെ സാധിക്കണമെങ്കിൽ നോക്കൂ ആ പ്രതികൂല സാഹചര്യത്തിലുള്ള ആളുകൾക്ക് നമ്മളുടെ ഗാഡ്ജറ്റ്സും നമ്മളുടെ സാധനങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക അംബീഷൻ എക്സ്പെക്ടേഷനും ഒക്കെ എന്തിനു കൊള്ളും ഒക്കെ നമ്മൾ കുറച്ച് യൗവനത്തിലും ശരീരത്തിനും ആരോഗ്യം ഉള്ളപ്പോഴും ഇതൊക്കെ ജാളിയായിട്ട് ഇരിക്കണം എൻജോയ് ലൈഫ് എന്നൊക്കെ പറയാൻ കൊള്ളാം പ്രകൃതി വാമം മുഖം ഭഗവാന്റെ വാമ മുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും ദക്ഷിണം മുഖം കണ്ടാ വേണ്ടില്ല രണ്ടും പ്രകൃതിയിലുണ്ട് ദക്ഷിണിത്യം വളരെ മൃദുവായൊരു സൈഡ് അതും അതുകൊണ്ടാണല്ലോ നമ്മൾ ഭഗവാനെ ആ സൈഡ് മാത്രം കണ്ടുകൊണ്ട് കല്യാണമൊക്കെ കഴിച്ചു കൊടുത്തു ഭഗവാനെ നാം സമാധാനിപ്പിച്ച് വെക്കുന്നത് മറ്റേ അത് കാണുമ്പോ അത് കണ്ട് ഭയപ്പെടാൻ പാടില്ല നരസിംഹസ്വാമി കണ്ട് പ്രഹ്ലാദം പേടിച്ചില്ലല്ലോ അതുപോലെ അതിന് പുറകിലുള്ള ആളെ അറിയുമെങ്കിൽ അതും ഭയപ്പെടാനൊന്നുമില്ല അങ്ങനെ ഉദ്ധരേ ആത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ റിപുരാത്മന ബന്ധുരാത്മാത്മനസ്ഥ ഏനാത്മൈവ ആത്മന ജിത അനാത്മനസ്തു ശത്രുവേ വർത്തേത ആത്മൈവ ശത്രുവത്ത് അപ്പോൾ നമ്മൾക്ക് നമ്മൾ ശത്രുവാണോ നമ്മൾക്ക് നമ്മൾ ബന്ധുവാണോ എന്നുള്ളത് ഓരോ സിറ്റുവേഷനിലും മാറിക്കൊണ്ടേയിരിക്കും നമ്മളെ തന്നെ നമ്മൾ നോക്കണം